ارسل لكم بعبد الدين الحق ليخرج على الدين كل جاء طريق المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد <معتفه> فاما خير الحديث كتاب الله وخير سنن النبي محمد صلى الله عليه وسلم وشغلوا امور محدثات صحابته كل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച ബോധ്യത്തോടെ മുത്തഫികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും ഞാൻ ആദ്യമായി മറക്കുകയാണ് മനുഷ്യരുടെ പ്രത്യേകിച്ച് സത്യവിശ്വാസികളുടെ പരസ്പരമുള്ള സഹായത്തിനും മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനും ആവശ്യമായിട്ടുള്ള പലവിധത്തിലുള്ള നടപടിക്രമങ്ങളും ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക ശരീരത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാം നമ്മുടെ പൂർവീകരായ സജ്ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയും എന്നാൽ വിൽക്കാലക്കാരായ സത്യവിശ്വാസികൾ വിസ്മരിച്ചു കളയുകയും ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നെവിചര്യ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഇന്ന് എന്റെ ഹുതുബയുടെ ഉദ്ദേശം എന്ന പദം കേൾക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം പള്ളികൾ ആ പള്ളികൾക്കുള്ള തോട്ടങ്ങളോ സ്വത്തുക്കളോ അതുപോലെ മത പഠന വിദ്യാലയങ്ങളുടെ സ്ഥലങ്ങൾ അതുമായി ബന്ധപ്പെട്ട വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയുള്ള വക്കഫുകൾ അതുകൊണ്ട് തന്നെ ആ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വക്ഫ് ബോർഡ് ഒരു ഗവൺമെന്റ് സംവിധാനം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ പലപ്പോഴും ഈ വക്ഫ് ബോർഡിന് കൈകാര്യം ചെയ്യേണ്ട സ്വത്തുക്കളൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ വഖഫ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അടുത്ത കാലത്തൊന്നും ഒരു പുതിയ വഖഫ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ എത്തിപ്പെടുന്നത് അതുകൊണ്ട് എന്താണ് വഖഫ് അതിന് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രാധാന്യം എന്താണ് ആർക്കൊക്കെയാണ് വഖഫ് ചെയ്യുന്നവനാകാൻ സാധിക്കുക അവന്റെ കയ്യിൽ അതിനായി എത്ര പണം വേണം അങ്ങനെ വഖഫ് ചെയ്താൽ അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വിശ്വാസികളെന്ന് നിലക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് മഹമ്മദ് മുസ്ഫ സല്ലാ വസ്ല്ലാം പറഞ്ഞു സലീസിൽ പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ ഇതാ മാത്ര പിന്നു ആദം ആദമിന്റെ മകൻ അഥവാ മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവനെ അമല് ചെയ്യുവാനുള്ള പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ആ മരണത്തോടുകൂടി നഷ്ടമായി പിന്നെ അമലില്ല പക്ഷെ മൂന്ന് കാര്യങ്ങൾ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും നേരത്തെ അവൻ അവന്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ട് അവൻ എപ്പോഴും കൂലിക്കൊട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായി അവശേഷിക്കും അതിൽ നബി അഹ് അല്ലൈവസ്ലം പറഞ്ഞു എല്ലാം ഇൻ സദക്കത്തിൻ നിലനിൽക്കുന്ന തുടർന്നുകൊണ്ടേ സതക്ക അതാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആവർത്തിച്ച് അത് സ്ഥിരമായി അതിന്റെ ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സതക്ക രണ്ടാമത്തെ ജ്ഞാനം അറിവ് അത് പലരൂപത്തിൽ പറഞ്ഞു പഠിപ്പിച്ചോ എഴുതി പഠിപ്പിച്ചോ ഗ്രന്ഥരചനകളിലൂടെയോ അവൻ ഈ സമൂഹത്തിൽ വിട്ടേച്ചു പോകുന്ന ജ്ഞാനം അറിവ് അതാണ് രണ്ടാമത്തെ സംഗതി അതിന്റെയും ആ അറിവ് അനുസരിച്ചുകൊണ്ട് ഏതൊക്കെ മനുഷ്യന്മാർ നന്നായി തീരുന്നുവോ ഏതൊക്കെ ആളുകളിൽ ആ അറിവ് പ്രചരിപ്പിക്കപ്പെടുന്നുവോ അതിന്റെ കാരണക്കാരന് അതിന്റെ കൂലി കൂട്ടിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തേത് വലതുൻ സാലിഹുൻ വലതിൻ സാലിഹിൻ എതിരലോ അവന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന നല്ല സന്തതി ഒരു സാലിഹായ മകൻ അല്ലെങ്കിൽ മക്കൾ ഈ മൂന്ന് കാര്യങ്ങളും മരണാനന്തരം ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ് എന്ന് മുഹമ്മദ് അലി സിത്തു ഇതിൽ ആദ്യ തീയതിയിലാണ് സതകത്തിൻ ജാരിയിലാണ് വഖഫ് പെടുകി വിശദീകരിക്കുകയാണ് എന്താണ് വഖഫ് അൽ വഖഫുബ് വളരെ പ്രതിഫനാർഹമായ വളരെ കൂലി കിട്ടുന്ന ഒരു സാലിഹായ അമലാണ് വഖഫെന്ന് പറയുന്നത് അതായത് ഒരു സ്വത്തിന്റെ അസല് പിടിച്ചുവെക്കുകയും അഥവാ ആർക്കും അത് ഉപയോഗിക്കാൻ കഴിയാതെ അഥവാ ഒരാൾ തന്റെ ഭൂമിയോ തന്റെ പീഡിക മുറിയോ തന്റെ ഏതെങ്കിലും ഒരു സാധനമോ അതിന്റെ ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിടുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക അങ്ങനെ സപ്ര അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന വരുമാനം ആ വരുമാനം പൊതു ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്കായി ചിലവാക്കുക എന്നാൽ ആ വഖഫ് ചെയ്ത വസ്തു കാലാകാരവും അങ്ങനെ നിലനിൽക്കും അത് ആർക്കും വിറ്റുകളയാനോ ആർക്കും അനന്തരമെടുക്കാനോ ആർക്കും കൈമാറ്റം ചെയ്യാനോ പാടില്ല ഇതിനാണ് വഖഫ് വഖഫ് എന്ന് പറയുന്നത് നിർത്തുന്നത് അള്ളാന്റെ മാർഗത്തിൽ നിർത്തുന്ന സ്വത്ത് ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ പൊതുവായ ആവശ്യത്തിന് ഇന്ന സംഗതിക്ക് എന്ന് പ്രത്യേകം പറയാതെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഒരു വിഭാഗത്തിന് ഇന്ന വി വിദ്യാർത്ഥികളുടെ പഠനാവശ്യാർത്ഥം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ അല്ലെങ്കിൽ അവരുടെ ചെലവിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ പര പരിരക്ഷ സംരക്ഷണം നിർവഹിക്കുന്നതിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലമോ വിഭാഗമോ നിർണയിച്ചുകൊണ്ട് വക്കഫ് ചെയ്യുന്നതുമുണ്ട് അത് മുസ്ലിങ്ങളുടെ എന്താവശ്യത്തിനും പൊതു ഉപയോഗിക്കാം എന്നതിൽക്ക് വക്ബ് ചെയ്യുന്നതുമുണ്ട് അങ്ങനെ ഇസ്ലാമിൽ വഹവ് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ അതോടുകൂടി നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയറാണ് ഹൈബർ യുദ്ധം നടന്നതിന് ശേഷം ജൂതന്മാരിൽ നിന്നും മുസ്ലിം സമുദായത്തിന് ഒരുപാട് സ്വത്തുക്കൾ കിട്ടി അവരുടെ കൃഷിഭൂമികളും അതുപോലെ തന്നെ അവരുടെ പടയങ്കികളും അവരുടെ പല സമ്പാദ്യങ്ങളും ആ ഹൈബർ യുദ്ധത്തിന് ശേഷം സത്യവിശ്വാസികളുടെ കൈകളിൽ അങ്ങനെ യോദ്ധാക്കളായ പടയാളികളായ ആളുകൾക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്ഫാ സലിസ്ലം യുദ്ധം മുതൽ എന്ന നിലക്ക് അത് ബാധിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഭൂമിയൊക്കെ കിട്ടിയതിനു ശേഷം മുഹമ്മദ് മുസ്ഫാ സാഹുലിന്റെ അടുക്കൽ വന്നു ഹദീസിൽ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം സമൂഹ എന്നാണ് അതിന്റെ പേര് വേറെ ചില രീായത്തുകളിലും ചരിത്രത്തിലും പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശം ഹൈബർ യുദ്ധത്തിൽ ലഭിച്ചു അതന്നിഹുലി വസ്ല്ലം ഈ ഭൂമി കിട്ടുമ്പോൾ വലിയ വിലപിടിപ്പുള്ള ആളാണ് വെറൊന്നും വലിയ പണക്കാരൊന്നും അല്ല സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന് ഭാഗിച്ചു കിട്ടിയ ഈ ഭൂമി അത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ലമിന്റെ അടുക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അള്ളാഹുന്റെ കിട്ടിയിട്ടില്ല അത്ര പ്രാധാന്യമുള്ള കൈവശം വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഭൂമി എന്ത് ചെയ്യണം എനിക്കതിന് ഭൂലി കിട്ടണം അതുകൊണ്ട് ആ ഭൂമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ദൂതനെ എന്നെ ഉപദേശിച്ച് തരണം ആലോചിച്ചു അവരുടെ മനോഗതി അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്റെ മക്കളുണ്ട് അദ്ദേഹത്തിന് ഭൂമിക്ക് ആവശ്യമുണ്ട് പക്ഷെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ നബിസല്ലാ അലൈഹി സ്വലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് വളരെ വിലപിടിപ്പുള്ള ഭൂമി എന്ന കൈവശം വന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നബിസഹ് സ്വലം പറഞ്ഞു അസലഹ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഭൂമി അവിടെ അങ്ങനെ നിലനിർത്തുക അങ്ങനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് അനന്തരാവകാശികൾക്ക് അനന്തരാവകാശം എടുക്കാൻ പറ്റുകയില്ല വേറെ ഒരാൾക്കും അത് വിലക്ക് വിൽക്കാൻ പറ്റുകയില്ല വേറെ ഒരാൾക്കും അത് ദാനമായി സംഭാവന ചെയ്യാൻ പറ്റുകയില്ല അതങ്ങനെ ഭൂമി അങ്ങനെ നിലനിൽക്കും എന്നാൽ ആ ഭൂമിയിലുള്ള കൃഷികൾ അതിലുണ്ടാക്കുന്ന ഈത്തപ്പനയാകട്ടെ അതിലുണ്ടാക്കുന്ന കൃഷി സാധനങ്ങളാകട്ടെ അതിലുണ്ടാക്കുന്ന മറ്റു വസ്തുക്കളാകട്ടെ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ആ ഭൂമിയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉത്പാദനം അത് സദക്കയായിട്ട് പോകും നബിസല്ല പറഞ്ഞു ആ ഭൂമിയുടെ വരുമാനം അതിൽ നിന്ന് കിട്ടുന്ന ഫലം അന്ന് നിനക്ക് സദക്കയായിട്ട് വിടാ അങ്ങനെ ഫതസത്ത കഴുമറു ആ ഭൂമി മുഴുവനും ഹൈബറി യുദ്ധത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഭൂമി മുഴുവനും ഉമർ ഖത്ത പ്രതിയൊന്നും അതൊരു സദക്കയായിട്ട് കിട്ടും ഈ പറഞ്ഞ മാതിരി വക്ബു ചെയ്തു അതിന്റെ അസലി വിൽക്കാൻ പാടില്ല വലായു ദാനന്ദ ചെയ്യാൻ പാടില്ല വലായുറസു അനന്തരാവകാശം എടുക്കാൻ പാടില്ല ആർക്കാണത് കൊടുക്കുന്നത് ദരിദ്രമായ ആവശ്യം നിർവഹിക്കാൻ കുറുവ അടുത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അടിമമോചനത്തിന് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം പോലെയുള്ള ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ വിരുന്നുകാരനെ സൽക്കരിക്കാൻ സെബിയിൽ വഴി യാത്രക്കാരനായി ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്ത് എത്തുമ്പോൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ ബുദ്ധിമുട്ടുന്ന വഴിയാത്രക്കാർ അതുപോലെ തന്നെ അതുകൊണ്ട് അലാമൻ വലിയ ഭരിക്കാനും പരിപാലിക്കാനും നോക്കി നടത്താനും ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവന്റെ ഉപജീവനം അഥവാ അവന്റെ ജീവിത ചെലവ് അതിൽ നിന്നെടുക്കാം വക്വ് സ്വത്ത് നോക്കി നടത്താൻ ഒരാൾ നമ്മളെ ഏൽപ്പിക്കുമല്ലോ ആ ഏൽപ്പിക്കുന്ന അവസരത്തിൽ അത് ഏറ്റെടുത്തവന് അവന് കഴിഞ്ഞുകൂടാനുള്ള ന്യായമായ നിലക്കുള്ള ഒരു അവകാശം അവൻ അതിൽ എടുക്കാം ആ യുദ്ധ സതീഷൻ ഓയവ് മുത്തമബുലിൻ പണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വരാത്ത ഒരു സ്നേഹി തന്നെ അതിൽ നിന്ന് ആഹാരം കൊടുക്കുന്നതിനും വിരോധമില്ല ഇത് ഇസ്ലാമിന്റെ വഹുഫിന്റെ ഒരു നിയമമാണ് അപ്പോൾ ഒരു സ്വത്ത് അതിൽ ഏതെങ്കിലും ഒരു വസ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിട്ടേക്കുക അത് വേറെ ആർക്കും വിറ്റുകളയാനോ ദാനം ചെയ്യാനോ അനന്തരാവശ്യം എടുക്കാനോ പാടില്ല അതാണ് വഹഫ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവം മൊഹാജിനങ്ങളായ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിൽ വന്നു മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള വെള്ളം ഉപയോഗിക്കാൻ മൊഹാജിനങ്ങൾക്ക് അവിടെയുള്ള വെള്ളം തോന്നിയില്ല പലപ്പോഴും അവിടെ കിട്ടുന്ന വെള്ളം അവർക്കത് രുചികരമായി തോന്നിയില്ല പക്ഷെ അവിടെ നല്ലൊരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിന്റെ പേര് റൂമ എന്ന് പറയുന്ന കിണറാണ് ആ കിണര് മുഹമ്മദ് നബി സല്ലാ അലൈവിസ്വലും പറഞ്ഞു ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ സ്വന്തം പണം കൊടുത്ത് ഈ കിണർ വാങ്ങുകയും അത് വിശ്വാസികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുവാൻ തയ്യാറുള്ളവൻ ആരാണ് ഇങ്ങനെയൊക്കെ ഒരു ആഹ്വാനം കിട്ടേണ്ട താമസം ആളുകളതിൽ മത്സരിച്ച് മുന്നേറും എല്ലാറ്റിലും ഇത്തരം നാനധർമ്മങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് അബ്ബാർ അലി അള്ളാൻ അദ്ദേഹം മൂന്നാമത്തെ ഹലീബിയാണ് നബിസ്ന്റെ രണ്ട് പെൺമക്കളെ ഒരാളുടെ മരണത്തിന് ശേഷം മറ്റാളെ അങ്ങനെ രണ്ടുപേരെ വിവാഹം കഴിച്ച ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തി സ്വർഗത്തിൽ രണ്ട് പ്രകാശമുള്ളവൻ എന്ന് ഉസ്മാൻ ബിൻ അബർ അലി അള്ളാഹു ചരിത്രം പേര് നൽകിയിട്ടുള്ളത് ആ ഉസ്മാൻ ബിൻ അബർ അലി അള്ളാ മുപ്പത്തി അയ്യായിരം ദീർഘം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം മുതലിൽ നിന്ന് മുപ്പത്തി അയ്യായിരം കൊടുത്തുകൊണ്ട് ഈ റൂമ എന്ന് പറയുന്ന കിണർ അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങിയിട്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ അവരുടെ ഉപയോഗത്തിന് ഒന്ന് വക്കഫായി വിട്ടു ആർക്കും പിന്നെ ആ ആ അതിൽ നബിസല്ലാഹു അലൈഹി വല്ലം പറഞ്ഞു ആ പറഞ്ഞ വാക്ക് തന്നെ ഹരീസ് ലിപ്രകാരാണ് പറഞ്ഞത് പാലവസൂർ സ്വല്ലാ അലൈവിസ് ീ അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടായ സമയത്ത് സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ സ്വന്തം പണം കൊണ്ട് വാങ്ങാൻ ആരുണ്ട് അയാൾക്ക് അതിൽ വെള്ളം കുടിക്കാനുള്ള അവകാശം ആ വാങ്ങുന്നവരുള്ള മറ്റെല്ലാ മുസ്ലിങ്ങളെ പോലെയാണ് പ്രത്യേകിച്ച അവകാശമില്ല അങ്ങനെ സ്വന്തം മുതൽ കൊണ്ട് വാങ്ങി സത്യവിശ്വാസികൾക്ക് അത് വിട്ടുകൊടുക്കണം എല്ലാവർക്കും വന്ന് അതിൽ വെള്ളം കുടിക്കണം മാതിരി അത് വാങ്ങി വഖഫ് ചെയ്തവർക്കും വെള്ളം കുടിക്കാം അല്ലാതെ വേറൊരു അവകാശം അയാൾക്ക് അങ്ങനെ ഈ കിണർ വാങ്ങാൻ തയ്യാറുള്ളവരാണ് ഉടനെ തന്നെ ഇത് അഹമ്മദ് ഉദ്ധരിച്ച വലഹു ഹൈറുഫിൽ ജന്ന അങ്ങനെ റൂമ എന്ന് പറയുന്ന കിണർ വാങ്ങുകയും മുസ്ലിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ അത് വഖഫാക്കി നിർവഹിക്കും വഖഫാക്കി വെക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കിണർ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കും പറഞ്ഞു ഈ ആഹ്വാനം കേട്ട് ഉസ്മാൻ ബിൻ ആഹ് വല്ലോ അത് മുപ്പത്തി അയ്യായിരം ദീർഘമന് വാങ്ങുകയും സത്യവിശ്വാസികൾക്ക് അത് വഖഫായിക്കുകയും ചെയ്യും സഹോദരന്മാരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ആളുകൾക്ക് അതിൽ വന്ന് വെള്ളം കുടിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു ഇതുപോലെ തന്നെ മസ്ജിദ് നബവി നബിസല്ലാസല്ലം എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു ആരാധനാലയം ആളുകൾക്ക് ആരാധിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കാനാണ് എപ്പോഴും നബിസല്ലാ അലൈഹി വസ്ല്ലാം പ്രാധാന്യം കൊടുക്കുക മസ്ജിദ് കുബാർ എല്ലാവരും ഒക്കെ പോകുന്ന സമയത്ത് പോയി സുന്നസ്കരിക്കുന്ന സ്ഥലമാണല്ലോ മസ്ജിദ് കുബുബാർ അതാണ് നബിസലാസ് ആദ്യമുണ്ടാക്കിയ പള്ളി അതിനുശേഷം മദീനയിൽ വന്നുകൊണ്ട് മുഹമ്മദ് മുസ്ഫാ സാഹു അലൈഹി വസ്ലം മസ്ജിദ് നബവി ആ മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലം ഇന്ന് നമ്മുടെ നബിസല്ലാ അലൈഹി വല്ലമിന്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ നിൽക്കുന്ന സ്ഥലം ബലു നജാർ ഗോത്രത്തിൻ്റെ ബനു നജാർ അതൊരു ഗോത്രത്തിന്റെ പേരാണ് ഒരു കുടുംബ പേരാണ് അതുകൊണ്ട് അല്ലാ വലൈ വസ്വലം ആ വരുനജാർ ഗോത്രത്തോട് പറഞ്ഞു എനിക്ക് വിൽക്കുമോ ഇവിടെ ഒരു പള്ളിയെടുക്കാൻ വേണ്ടിയാണ് അത് കണ്ട പതിനമക്കാരണ്ട് ആ ഉടമക്കാരോട് നിർസലു വലൈ വസ്ലം പറഞ്ഞു നിങ്ങൾ അതൊന്ന് വിലക്ക് വിൽക്കുമോ ഞാൻ നിങ്ങൾക്ക് വില മാന്യമായ വില തരാം എന്നാൽ അവിടെ ഒരു പള്ളി എടുക്കേണ്ട ആവശ്യാർത്ഥമാണ് ആ സമയത്ത് ഒരു പറഞ്ഞു അവർ പറഞ്ഞത് നിങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ ഭൂമിയുടെ വില തരേണ്ടത് പഠിച്ചോ മാത്ര നിങ്ങളിൽ നിന്ന് അത് പൈസ വാങ്ങി നിങ്ങൾക്ക് പണത്തിന് അത് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല അള്ളാവിന്റെ പ്രവാചകരെ നിങ്ങൾ അത് എടുത്തുകൊള്ളുക നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ടുക പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ വില തരേണ്ടത് പഠിച്ചവനാണ് അഥവാ അള്ളാഹുമാണ് അതിനെ കൂലി തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മസുദു നബവി ഇന്ന് നിൽക്കുന്ന സ്ഥലം ഗോത്രക്കാർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വകുപ്പ് ചെയ്തു ആ സ്ഥലത്താണ് ആ പള്ളി എടുത്തത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ കാലഘട്ടം മുതൽ ലോകത്തിന്റെ അവസാനം വരെ ആ പ്രദേശത്തെത്തിപ്പെടുന്ന മുഴുവൻ സത്യവിശ്വാസികളുടെയും റുക്കോ സുജൂതും നമസ്കാരവും പ്രാർത്ഥനയും നേട്ടവും അന്ന് അതിന്റെ വില വാങ്ങി അത് പ്രവാചകന് വിറ്റ് അതിന്റെ പൈസയും വാങ്ങി കേശലിട്ടാൽ ഈ കൂലി അവർക്ക് കിട്ടുമോ കിട്ടുകയില്ല നേരെ ലോകത്തിന്റെ അവസാനം വരെയും വരുന്ന സത്യവിശ്വാസികളുടെ ഋഖോക്കും പ്രാർത്ഥനക്കും ആ പള്ളിയിൽ വരുന്നതിനും എല്ലാമുള്ള പ്രതിഫലം ആ വരുണജാതഗോത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആളുകൾ കൂടി ഒരു ചെറിയ പള്ളിയാണ് നീസല്ലാബ് അല്ലീസം എടുത്തത് പക്ഷെ ആളുകൾക്ക് സൗകര്യം പോരാ അങ്ങനെ പല പ്രദേശത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം പള്ളി എടുക്കും ഉള്ള പൈസക്ക് പള്ളിയെടുക്കും ആളുകളാണ് നിസ്കരിക്കാനും ജുമാക്കൊക്കെ ആളുകൾ കൂടുമ്പോ പിന്നെ പള്ളി വലുതാക്കണം പള്ളി വലുതാക്കണം അപ്പൊ നാട്ടുകാരും ചെയ്യും ഉടനെ തന്നെ പൈസ ഉള്ള ആളുകൾ ആരെങ്കിലും സംഭാവന ചെയ്യും അല്ലെങ്കിൽ പണം പിരിപ്പിക്കും എന്നിട്ട് പള്ളിയുടെ രണ്ട് ഭാഗത്തേക്കൊക്കെ പള്ളി വലുതാക്കും ചിലപ്പോൾ മോൾക്ക് തട്ട് കൊടുക്കും മുഹമ്മദ് മുസഫലി വസ്ലമയുടെ കാലത്ത് തന്നെ പള്ളി വളരെ ഇടുങ്ങിയതായി തോന്നുകയും ആളുകൾക്ക് തമസ്കരിക്കാനും സൗകര്യമില്ല എന്ന് വന്നപ്പോ അപ്പോഴും നബിസ് അള്ളാല് വസ്ലം പറഞ്ഞു ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവാക്കാൻ തയ്യാറുള്ളത് പള്ളി വലുതാക്കണം ഉടനെ തന്നെ തയ്യാറായി ഉസ്മാൻ അദ്ദേഹം ആ പള്ളി വലുതാക്കി ഇരുപത്തി അയ്യായിരം അദ്ദേഹത്തിന്റെ സ്വന്തം അധ്വാനത്തിൽ ചിലവാക്കിക്കൊണ്ട് അദ്ദേഹം തൊട്ടടുത്തുള്ള പ്രദേശത്ത് സ്ഥലം വിലക്കുവാണ് കാരണം പള്ളി വലുതാക്കുന്നെങ്കിൽ സ്ഥലം കിട്ടണമല്ലോ സ്ഥലം വേറൊരാളുടെ അവർക്ക് വില അദ്ദേഹത്തിന്റെ പണം കൊണ്ടുപോയി ഈ പള്ളിയുടെ സ്ഥലം വാങ്ങി അത് വക്ു ചെയ്തു ആ വക്കുവിന്റെ അടിസ്ഥാനത്തിൽ പള്ളി വലുതാക്കി സഹോദരന്മാരെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളക്കണക്കിന് യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ കുറിച്ച് ആരോ ദൈവയുടെ പരാതി പറഞ്ഞു അദ്ദേഹം എന്താ സക്കാത്ത് തരുന്നില്ല എന്ന ഒരു പരാതി അപ്പം നരി അലൈവം പറഞ്ഞു അദ്ദേഹം ജക്കാത്ത് തരുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ ഈ പരാതി അദ്ദേഹത്തോട് ചെയ്യുന്ന അനീതിയാണ് അക്രമമാണ് തന്റെ സ്വന്തം യുദ്ധ ഉപകരണങ്ങളും ആ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ മൃഗങ്ങളും അതിന്റെ മുഴുവൻ ആയുധങ്ങളും അതിന്റെ സന്നാഹങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകളഞ്ഞ ആളാണ് പടച്ചവന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്ത ആളാണ് ഹാർവിദിന് വലിയ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഈ ആക്ഷേപം പറയുന്നത് ഉൽമാണ് എന്നിന് വിശദം അപ്പൊ സ്വന്തം ആയുധങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തന്റെ പടയങ്കികളും തന്റെ മൃഗങ്ങളും തന്റെ യുദ്ധ പടച്ചവന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്ത് എന്നതാണ് എന്താണ് വകുപ്പ് ചെയ്യാൻ അള്ളാഹന്റെ മാർഗത്തിൽ അത് വിട്ടുകളയുക അതിന്റെ ഉപയോഗം അപ്പോൾ ആയുധമില്ലാത്തവണ്ടുത്ത് യുദ്ധം ചെയ്യാം അവന്റെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പൊതു മുതലിൽ കൊടുക്കാം വീണ്ടും വേറെ ആരെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ ആ ഉപയോഗിക്കാം അതാണ് വകഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം കാര്യങ്ങൾ ചെറുതും വലുതുമായ വകുപ്പുകൾ അതാണ് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ സംഭാവന വിരിപ്പിച്ച് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിപരവും യുക്തിപരവുമായിട്ടുള്ളത് വഖഫാണ് കാരണം ആ സ്വത്ത് എന്ന് നിലനിൽക്കും അതിന്റെ വരുമാനം എന്ന് തുറന്നുകൊണ്ട് പോകും ഇങ്ങനെ സംഭാവനയുടെയും സദക്കയുടെയും ഉറവുകൾ പറ്റിയാലും ആരൊക്കെയോ സദക്കയാക്കി വിട്ടിട്ടുള്ള ഈ വഖഫ് സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇസ്ലാമിക സംരംഭങ്ങൾ നടന്നു അത് മനസ്സിലാക്കണം എന്നുള്ള ഹുബ്രഹാനോത്താർ അങ്ങനെ വഖഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിൽ പങ്കാളികളാകാനും നമുക്കെല്ലാം തോഫി തെൽകും ഒന്നൂടി അള്ളാഹുനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉത്ബോധിപ്പിക്കുകയാണ് മറ്റൊരു സംഭവം അബൂഹുണ്ട് പ്രഗത്ഭനായ അൻസാരിയുടെ കുടുംബത്തിലെ പ്രഗത്ഭനായ സഹാബി അനുസുര മാലിക് എന്ന് പറയുന്നത് അനുസുര മാലിക് അദ്ദേഹത്തിന്റെ പറക്കാത്ത പുത്രു സുലൈം എന്ന നബിസല്ലാ അലൈ വസല്ല കാലത്തെ വളരെ പേര് കേട്ട ഒരു സാഹാബി വനിതയാണ് ഉമ്മുസുലൈം ആ ഉമ്മുസുലൈമിന്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ആയത്ത് അള്ളാഹ് ഉസ്ബാനത്തെ വിശുദ്ധി സുഹൃത്ത് ആലും തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് ഇതുപോലെ എത്ര ആയത്ത് ഇറങ്ങുന്നു നമുക്കിതുപോലെയുള്ള വല്ല അല്ലെങ്കിൽ വല തോന്നലുകളോ നമുക്ക് അത് നമ്മുടെ ഈമാനിന്റെ ദൗർബല്യത്തെയും അതിന്റെ ശക്തിയെയും ആശ്രയിച്ചിരിക്കും ഈ ആയത്തിറങ്ങിയപ്പോ അബുദിസ്ലമിന്റെ അടുക്കൽ വന്നു എന്താ ആയത്തിനർത്ഥം നിങ്ങൾക്ക് പുണ്യം സമ്പാദിക്കാൻ സാധ്യമല്ല നിങ്ങൾ വളരെ പ്രിയം വെക്കുന്ന നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നിങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടി കാണുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്പത്ത് ഒരു സ്വത്ത് ഒരു ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല മാത്രമല്ല ഒമാൻ നിങ്ങൾ എന്തൊന്നും അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവാക്കുന്നുവോ ഫാഹബി അലീ അള്ളാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാണ് എന്ന് വചനമിറങ്ങി ഈ വചനം ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഉടനെ നബിസല്ലാ അലൈവല്ല സന്നിധിയിലെത്തി കാരണം മദീനായി ഏറ്റവും കൂടുതൽ ഈത്തപ്പനയുള്ള ആള് ഈത്തപ്പന തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണ് അബൂദൽഹാൻ നബിഅള്ളാൻ ആണ് അദ്ദേഹത്തിന് ബൈർവഹ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട് ആ തോട്ടം നബിസല്ലാ അലൈഹിമിന്റെ പള്ളി മസൂദ്ദിൻ ബബിയുടെ നേരെയാണ് ആ പള്ളി തോട്ടമുള്ളത് മാത്രമല്ല വളരെയധികം തണലും കൃത്യമായ വെള്ളവുമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നരി അല്ലാ അല്ലൈലം സംസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ തോട്ടത്തിൽ കയറും അൽപ്പം വിശ്രമിക്കും അതിലെ ഏറ്റവും ശുദ്ധമായ വെള്ളമെടുത്ത് കുടിക്കും ഈ എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ എല്ലാവരുടെയും കണ്ണിലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാള കണക്കിന് കാരക്കോത്പാദിപ്പിക്കുന്ന സമൃദ്ധമായ കാരകത്തോട്ടം അദ്ദേഹം വന്ന് പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ ഇങ്ങനെ ഒരു വചനം ഇറങ്ങിയിട്ടുണ്ട് മാത്രമായി പോകും എന്റെ കയ്യിൽ ഏറ്റവും വെളുപിടിപ്പുള്ള ഞാൻ വളരെയധികം കൊതിയോടുകൂടി കാത്തുസൂക്ഷിക്കുന്ന എന്റെ ഒരു തോട്ടമുണ്ട് അതിനാണ് ബൈറുഹായ തോട്ടം എന്ന് പറയുന്നത് അത് ഞാൻ ഇതാ താങ്കൾക്ക് നൽകുന്നു താങ്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്താൽ ഇതെന്തിനാണോ പൊതു മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് ഏത് കാര്യത്തിനാണോ താങ്കൾ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭപ്രകാരം പ്രവർത്തിക്കണം അവര് വിശലം പറഞ്ഞു ൂടി അനുമോദനത്തിന്റെ വാക്കു ധരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഇത് നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടല്ലോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ധാരാള കണക്കിന് പാവങ്ങളില്ലേ അവർക്ക് ബാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല വാക്കിഫ് പൊതു മുസ്ലിങ്ങൾക്ക് വിടുന്നതുമുണ്ട് പ്രത്യേകമായ ഉദ്ദേശത്തിന് പ്രത്യേകമായ വിഭാഗങ്ങൾക്ക് നൽകുന്നുമുണ്ട് ഈ വകുപ്പ് അതിൽപ്പെടുത്തിയതാണ് പണ്ഡിതന്മാർ നിർദ്ദേശപ്രകാരം ഉടനെ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ കുടുംബത്തിൽപ്പെട്ട പാവങ്ങളായ ആളുകൾക്ക് അത് രണ്ടു തരത്തിൽ ഒന്നുക്കിൽ ആ ഭൂമി ആർക്കും വിൽക്കാനും കൊണ്ടുപോകാനും പാടില്ല അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ പാവങ്ങൾക്ക് ജീവിക്കാവുന്ന അവസ്ഥയിൽ വക്കഫ് ചെയ്തു അതല്ലെങ്കിൽ അവർക്ക് ഓരോ കഷ്ണങ്ങളായി ബാക്കി കൊടുത്തു രണ്ടഭിപ്രായങ്ങളും ഉണ്ട് ഏതായാലും മാർഗത്തിൽ ആ സ്വത്ത് ചെലവാക്കി വാഗ്ദുചെയ്തു അപ്പോൾ ഇവിടെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള മുഹമ്മദ് മുസ്തഫ സാഹു വസ്ലമയുടെ സഹാബാക്കളിൽ വഖഫ് ചെയ്യാത്ത ഒരു സഹാബിയുമില്ല സഹോദരന്മാരൊന്നും നമ്മളെ ജീവിതവും അവരുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തി നോക്ക എന്തെങ്കിലും ഒരു കഴിവുള്ള എന്തെങ്കിലും ഒരു ശേഷിയുള്ള ഒരു സഹാബി പോലും അള്ളാഹുമാർഗത്തിൽ വക്തായി നബിസല്ലാഹു അലൈവിസ്മിന്റെ അനുയായികളിൽ ഇല്ല സഖാക്കളിൽ ഇല്ല അദ്ദേഹത്തിന്റെ സഹാബികളിൽ ഇല്ല എന്ന് ജാബിർ അലി അള്ളാമൻ ഉദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം സഹോദരന്മാരെ മരണശേഷം നമ്മുടെ കൂടെ വരാനുള്ളത് എന്താണ് ഒരു ഹദീസിൽ മരിച്ചാൽ അവന്റെ അമലിൽ നിന്ന് അവന്റെ കൂടെ എന്നും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ചില അമലുകൾ ഞാൻ വിശദീകരിക്കാം ിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിവ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം അയാൾ അത് പഠിപ്പിച്ചു വനഷറഹു അത് ആളുകൾക്കിടയിൽ പരത്തി ആളുകൾക്കിടയിൽ അത് വ്യാപിപ്പിച്ചു ഒരുപാട് ആളുകൾക്ക് അതിന്റെ വിവരം കിട്ടി രണ്ടാമത്തേത് വലതൻ സാലിഹൻ തറക്കഹു താൻ ജീവിതകാലത്ത് മതം പഠിപ്പിച്ച് സ്വഭാവം നന്നാക്കി നല്ല പലിലാളുകളുടെയും പരിപാലനത്തോടെയും നോക്കി വളർത്തിയിട്ടുള്ള സാലിഹായ ഒരു മകൻ അല്ലെങ്കിൽ സാലിഹായൊരു കുട്ടി അതാണായാൽ പെണ്ണായാലും വലതന്നെ ഉദ്ദേശം ആണായാലും പെണ്ണായാലും വലുതന്നെ അങ്ങനെയുള്ള സാലിഹായ ഒരാണ് അല്ലെങ്കിൽ സാലിഹായ ഒരു പെണ്ണ് അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരെ ഇദ്ദേഹം മരിച്ചതിന് ശേഷം അങ്ങനെ സമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും മരിച്ചുപോയ തന്റെ വാപ്പക്കുമ്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഓ മുൻ വറസ വഖഫ് ചെയ്യാൻ എത്ര പൈസ പണമെന്നല്ലേ ആളുകൾക്ക് പഠിക്കാനും പാരായണം ചെയ്യാനും വേണ്ടി ഒരു മുസാഫ് വാങ്ങി പള്ളിയിൽ വഖഫ് ചെയ്യാം പറഞ്ഞ വാക്കാണത് മുസാഫൻ മറ്റുള്ളവർക്ക് പഠിക്കാനും പാരായണം ചെയ്യാനും വേണ്ടി താൻ വാങ്ങി വഖഫ് ചെയ്യുന്ന ഒരു മുസാഫ് ഔ മസ്ജിദ് അതല്ലെങ്കിൽ അവൻ പണിയുന്ന ഒരു പള്ളി അതൊരു വലിയ എത്രയോ വിസ്താരമുള്ള ഒരു വലിയ പള്ളിയാവണമെന്നില്ല തന്റെ കഴിവനുസരിച്ച് കുറച്ച് ആളുകൾക്ക് ഒരു പത്തു ആളുകൾക്കും പതിനഞ്ച് ആളുകൾക്കും നിസ്കരിക്കാനുള്ള ഒരു ശ്രാംബ്യ അത് പല നാട്ടിലും പല രൂപത്തിലെ പേര് പറയും തക്യാവെന്ന് പറയും നിസ്കാരത്തിനുള്ള ചെറിയ പള്ളി എന്ന് പറയും സ്രാംബ്യ എന്ന് പറയും അങ്ങനെ ചെറിയ പള്ളിയാണെങ്കിലും വലിയ പള്ളിയാണെങ്കിലും ഇവർ നീത്തിനെ കൂലിയിട്ട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തും അവിടെ ആരാധിക്കും അവിടെ നമസ്കരിക്കും അവിടെ പ്രാർത്ഥിക്കും അപ്പൊ അതിനൊക്കെ വടിയാത്രക്കാർക്കോ വിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ അവർ ഇടത്താവളമായി വിഷമിക്കുവാനും താമസിക്കാനും വേണ്ടി അവരൊരു പൊതുവീട് ഉണ്ടാക്കിയിട്ടു നെഹ്റൻ നജറാവു അല്ലെങ്കിൽ ആളുകൾക്ക് കൃഷി ചെയ്യാനും കുടിക്കാനും കുളിക്കാനൊക്കെ ആവശ്യത്തിന് അവരൊരു വലിയ തോട് കീറി ഒരു ഒരു തോട് കീറി ഒരു പുഴ കീറി അതിന് ചെലവുകൻ അവൻ വഹിച്ചു അപ്പോൾ അതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകിവരുന്നു ആളുകൾ അതിൽ ഇറങ്ങി കുളിക്കുന്നു ആളുകൾ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നു ആളുകൾ വസ്ത്രമലക്കുന്നു അവടെ കൃഷികൾ നനക്കുന്നു അവർ പോറ്റുന്ന മൃഗങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ഇതിനൊക്കെ കൂലി അവനുണ്ട് ആ സദക്കത്ത് അഖ്രജഹാബിൻ മാലിഹി ഫിൻ തനിക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്റെ ജീവിതത്തിന്റെ ഊർജ്ജിസ്വരം നിലനിൽക്കുന്ന സമയത്ത് താൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കുന്ന സദക്കാ ഞാനീ പറഞ്ഞ മാതിരി ും അവന് കിട്ടിക്കൊണ്ടിരിക്കും സഹോദരൻ്റെ പന്ത്രണ്ടാമത്തെ വചനം അള്ളാഹു നാമാണ് മരിച്ചവരെ ആ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമതും ജീവൻ കൊടുത്തുകൊണ്ടവരെ പുനരുദ്ധാനം അവരെ പുനർജീവിപ്പിക്കുന്നത് നമ്മളാണ് രക്തവും ആ കഥമും അവരെന്തൊക്കെയാണോ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ രേഖപ്പെടുത്തും ആ സറോദും അവർ പ്രവർത്തിച്ചതിന്റെ അനന്തര ഒരാൾ ഒരു സംഗതി പ്രവർത്തി ചെയ്തിട്ട് അയാൾ മരിച്ചുപോയാലും അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു മരത്തും ഒരു മരം അത് എല്ലാ വർഷവും മാങ്ങ കായ്ക്കും ഈ മരിച്ച നട്ടവൻ മരണപ്പെട്ടു ആ മാങ്ങ അതിൽ നിന്ന് അത് താഴെ വീഴുമ്പോൾ അത് മൃഗങ്ങൾ തിന്നും ആ മരത്തിന്മേലാകുമ്പോഴും താഴെ വീഴുമ്പോഴൊക്കെ പക്ഷികൾ കൊത്തി അതിലൂടെ വഴി നടന്നു പോകുന്ന ആളുകളെ ആ മാങ്ങ എല്ലാവരും അതുകൊണ്ട് പ്രയോജനമെടുക്കുന്നു അതിന്റെ ചുവട്ടിൽ തണൽ കൊള്ളുന്ന ആളുകൾ അപ്പോഴും എല്ലാവർക്കും അത് പ്രയോജനകരം തന്നെ പക്ഷെ മരം വെച്ചാൽ മരിച്ചുപോയി അയാൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും സഹോദരന്മാരെ നമുക്കൊരുപാട് സംരംഭങ്ങൾ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മാനവ സമുദായത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ദീന അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സജീവമായും അത് ശക്തമായും നിലനിൽക്കണം അതിന്റെ പ്രചാരങ്ങൾ നിലനിൽക്കണം അതിനെ പ്രചരിപ്പിക്കുന്ന അതിനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കണം അതിനാവശ്യമായ വിദ്യാലയങ്ങൾ കെട്ടിപ്പക്കണം ആരാധനാലയങ്ങൾ പള്ളികളെടുക്കണം മദ്രസകൾ എടുക്കണം അതുപോലെ തന്നെ അതിനെ ആവശ്യമായ രൂപത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾക്ക് പീഡിക എടുത്തിടണം അതിൽ നിൽക്കുന്ന വരുമാനം കൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശമ്പളം കൊടുക്കണം അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികളുടെ ആഹാരം അതിൽ ചിലവാക്കണം ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ പൊതുവായി ഒരുപാട് ആവശ്യങ്ങൾ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിന്റെ ഒരുപാട് ആവശ്യമുള്ള ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇസ്ലാമിക ശര്യയാണ് നബിസ് അലൈ വല്ലാം നമ്മളെ പഠിപ്പിച്ച ഒരു ശര്യയാണ് വപ്പഫു എന്നത് അത് ചെറിയ തുകയാണെങ്കിൽ വലിയ തുകയാണെങ്കിലും നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് സഹോദരന്മാരെ എത്രയാണ് രോഗം വന്നാലും സ്കാനിങ് ഏത് പല രൂപത്തിലുള്ള സ്കാനിംഗ് ഉണ്ട് അങ്ങനെ ശരീരം മുഴുവനും സ്കാൻ ചെയ്യാൻ ഉടനെ ഡോക്ടർ എഴുതിയാൽ അത് പൈസ ഇല്ലെങ്കിലും കടം വാങ്ങി സ്കാൻ ചെയ്യും പണം എത്രയാണെന്ന് പിന്നുങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ബില്ല് വകുപ്പ് ആ ഒരു മനുഷ്യനെ ചികിത്സിക്കാൻ അവന്റെ ശരീരത്തിൽ എന്നും പ്രവർത്തിച്ചു ഒരു കിഡിനി അത് രണ്ടും തകരാറായി അതൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം വേറെ ഒരാളുടെ കിടിഞ്ഞി സ്വീകരിച്ചുകൊണ്ട് അതൊന്ന് മാറ്റിവെക്കണം എത്രയാണ് ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ അവിടെ അവിടെ നിന്ന് അങ്ങനെ മേലോട്ട് കൂട്ടിയാൽ സഹോദരന്മാരെ ഇങ്ങനെ ഒരു തുകയൊന്നും വകുപ്പിന് നിശ്ചയിക്കേണ്ടതില്ല നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ പണം ധാരാളക്കണക്കിന് ഭൂമിയുള്ളവർ കുറച്ച് ഭൂമി അള്ളാഹുന്റെ മാർഗത്തിൽ വകുപ്പ് ചെയ്യുക ധാരാളക്കണക്കിന് പീഡികയുടെ വരുമാനം കിട്ടുന്ന ഉള്ള ആളുകൾ പീഡിക റൂമുണ്ടെങ്കിൽ ഒരു റൂം എങ്കിലും അതിന് വരുമാനം അത് ഏതെങ്കിലും ഒരു പൊതു കാര്യത്തിൽ പടച്ചവന മാർഗത്തിൽ വിടുക ഏതെങ്കിലും ആളുകൾക്ക് അതല്ലാത്ത വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ വരുമാന മാർഗത്തിൽ നിന്ന് സ്ഥിരമായി സഹോദരന്മാരെ ഈ രാജ്യത്തെ നിങ്ങൾ അറിയുമോ ഈ കുവൈക്കെന്ന് പറയുന്ന രാജ്യം ധാരാളക്കണക്കിന് ഈ നാട്ടിൽ ജീവിക്കുന്ന ധാരാളക്കണക്കിന് പടച്ചവനെ പേടിക്കുന്ന ആളുകൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് സ്ഥിരമായി അൻപതിനാറും മുപ്പത് നാപ്പതിനാറും നൂറ് സ്ഥിരമായി ഇവിടെയുള്ള ചാരിറ്റി സംഘടനകൾക്ക് അവർ ബാങ്കിലൂടെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ശേഖരങ്ങളിൽ എല്ലാ മാസവും ബാങ്ക് ആ പണം ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ആ പണമാണ് നമ്മുടെ നാട്ടിൽ പള്ളിയുണ്ടാകുന്നതും എത്തിങ്ങാനെ ഉണ്ടാക്കുന്നതും ആളുകളുടെ വണ്ണി മതപണ്ഡിതന്മാരുടെ ശമ്പളം കൊടുക്കുന്നതും എത്തികുട്ടികളെ പരിപാലിക്കുന്നതും ഈ ആളുകൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് കൃത്യമായി ബാങ്കിലൂടെ കൊടുക്കുന്നത് അവരൊന്നും വലിയ വരുമാനക്കാരല്ല നമ്മളെ പോലെ തന്നെ ആയിരവും ആയിരത്തഞ്ഞൂറും രണ്ടായിരം ഒക്കെ അവർ ശമ്പളമുള്ളൂ അപ്പോ ആ ശമ്പളത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള കൊടുക്കുന്നത് ഇതുവഴി ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ബുകൾ പ്രിന്റ് ചെയ്യുന്നത് ലഹിലേകൾ അടിക്കുന്നത് ലേഖനങ്ങൾ അടിക്കുന്നത് ആളുകളുടെ ഇസ്ലാമിക പരിപാടികൾ നടക്കുന്നത് അതുപോലെ തന്നെ എത്തിൻ ഗാനങ്ങളും എത്തിൻകുട്ടികളുടെയും ആഹാരവും ഭക്ഷണവും ഒക്കെ നടത്തു പോകുന്നത് ചെയ്യാമെങ്കിൽ അതുപോലെയുള്ള ചെറുതും മരുന്ന് ആയതൊക്കെ നമുക്കും ചെയ്യാം നമുക്ക് തൊപ്പിക്കും എന്ന് പറയാൻ പറ്റും റഹ്മാന അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനാണ് അവന്റെ മാർഗത്തിൽ ധനം വിനിമയം ചെയ്യുവ അള്ളാഹു സുബ്രഹാനു മുഹത്തല നമുക്ക് തോക്കിക്കൽക്കുമാറാകട്ടെ പിശുക്ക് എന്ന സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതിന്റെ ശെറിൽ നിന്നും അള്ളാഹു സുബ്രഹാനു മുഹത്തല നമ്മളെ കാക്കുമാറാകട്ടെ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ നൈമുഷികമായ ഈ ജീവിതത്തിന്റെ തലത്തിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതി കാർഷിച്ചുകൊണ്ട് അള്ളാവിന്റെ പ്രീതി സമ്പാദിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാനു മുഹത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഏതാനും സഹോദരന്മാർ അവർക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് റഹ്മത്തുള്ള അദ്ദേഹം സാൽമിയനുള്ള നമ്മുടെ ഇബ്രാഹിം ബയാൻ ഇബ്രാഹിം ഹിമിന്റെ അളിയനാണ് അതുപോലെ തന്നെ റാഫി കണ്ണൂർ അദ്ദേഹവും സാൽമിയാണ് അദ്ദേഹത്തിന്റെ അളിയൻ അബ്ദുൽ കരീം കോഴിക്കോട് സ്വദേശി കല്യാണം വെട്ടിൽ കുഞ്ഞമ്മത് അതുപോലെ നമ്മുടെ ഈ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഈ പള്ളിയിൽ പാങ്ക് കൊടുക്കുന്ന അബ്ദർ റസാഖ് നാട്ടിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സഹോദരൻ ഇവിടെ ഈ പള്ളിയിൽ തന്നെ ഇപ്പോഴുണ്ട് പി കെ അബ്ദുറഹ്മാൻ മരടപ്പെട്ടു അതുപോലെ മുഹമ്മദ് പട്ടാമ്പി ഈ സഹോദരന്മാർക്കെല്ലാം അള്ളാഹു അർലോകത്തും കൊടുക്കുമാറാകട്ടെ ബപ്പു സുബാനുഭോത്താല അവരുടെ വിയോഗം മൂലം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ബന്ധുക്കൾക്ക് ആശ്വാസവും സമാധാനം നൽകുമാറാട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രണ്ട് സഹോദരമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുണ്ടോ ഒന്ന് ഈ എല്ലാ വെള്ളിയാഴ്ചയും ജുമായിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഹംസ വലപ്പാട് തൃശൂർ ജില്ലക്കാരനായ ഹംസ അദ്ദേഹം നെഞ്ചുവേദനയായിട്ട് ഇപ്പോൾ പർവാനിയ ഹോസ്പിറ്റലിലാണ് അതുപോലെ അബ്ദുൾ ജബ്ബാർ കരുവയിൽ കൊടുവള്ളി അബ്ദുൾ ജബ്ബാറിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗമാണ് പെട്ടെന്നാണ് ക്യാൻസറാണെന്ന് മനസ്സിലായത് വളരെ വിഷമത്തിൽ രണ്ടുപേർക്കും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുണ്ട് പടച്ച ഈ രണ്ട് സഹോദരമാരുടെയും രോഗം ശീഫിയാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ നമ്മയെല്ലാം കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ റബ്ബന റബ്ബൽ മിന്ന എന്നെ കത്ത് സമയം ربنا علينا انك انت التواب الرحيم ربنا كلنا يا غافر للمذنبين ربنا صف لنا عذاب جهنم ان عذابها كان ورما انها صاخه مستقر ومقام اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم تعجل منا عذاب الجنة مرحوما واجعل تفرخنا من بعدي تفرخنا حسنا اللهم لا ترجع فينا ولا معنا يا رب رحيم ربنا آتنا بالدنيا حسنا وفعل آخر تيسنا طموخنا عذابنا وآخر دعوانا الحمد لله رب العالمين اللهم صلی و صلی و صلی و مبایک رابدك و رسولك و محمد والآن سبحانه